യാം അജായ മന്തവ്യോ കസാ കൈ വിജയമാനു താനേ ഭാസന ഉപദി ഭ അഥാ ഭഗോല അഥ നഗോലൂട്ടുദ്ധാര പരമ്പരാമനിശ്രേസേലു ൂപഹിതമ പ്രത്യക്ഷേപൂപർജുനമധ്യസ്ഥ ഭഗവത് പുഷ്ടുദ്ധാരംഭവാൻ പറഞ്ഞി യുദ്ധം എന്ന പ്രവൃത്തി ആരംഭം വെച്ച പ്രവൃത്തി യുദ്ധം എന്ന് പറയുന്ന പ്രവൃത്തി ഭഗവാൻ പലതായിട്ടാണ് കൂടുതൽ പക്ഷികളാണ് ഭഗവാൻ വലിയ ആവശ്യപ്പെട്ടു പരമ്പരയാ പരമനിശ്രേയസ്സേത്വരൂപം ഇത് നമുക്ക് അജ്ഞാനാണ് ആ യുദ്ധം എന്ന് പറയുന്നത് പരമ്പരയാ പരമനിശ്രേയസസിന് ഭേതുമാണ് പരമനിശ്രേയസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്ന പരമനിശ്രേയസ് എന്ന് പറയുന്നത് എന്താണ് കൈകൊണ്ടത്ര അല്ലാതെ അദ്വൈതത്വങ്ങൾ കഴിയുന്നതുപോലെയുള്ള മോക്ഷവും യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭഗവാനാണ് അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് പരമനുസരിച്ച് വൈകുണ്ട പ്രാപിക പരമ്പര എന്ന് പറയുന്നത് പരമ്പരത്തിലും വരാം ഒന്ന് അത് വ്യാഖ്യാനിക്കുന്ന പോലെ ും പുരുഷവും നോക്കി സൂര്യമണ്ഡല ഭേദ മഹാഭാരതെന്ന് പറയുന്ന രണ്ടുപേരാണ് സൂര്യമണ്ഡലത്തെ ഭേദിച്ച് നോക്കുന്നത് ഈ സൂര്യമണ്ഡലത്തെ ഭേദിച്ചു പോകുന്നത് എവിടെയാ പോകുന്നത് അത് ഈ പറയുന്ന പറയുന്നു അത് വൈകുണ്ടത്തിൽ പോവുകയാണ് അപ്പൊ സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് ക്ഷത്രിയം സൂര്യമണ്ഡലത്തെ ഭേദിച്ച് പോവുകയാണെങ്കിൽ വൈകുന്നെത്തിച്ചേരും അപ്പൊ യുദ്ധം ചെയ്യുക മലീരിയ അങ്ങനെ കൂടെ എത്തിച്ചേരുക അങ്ങനെ തല്ല അല്ല ഇനി കർമ്മയോഗം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി ജ്ഞാനം ഭക്തി അങ്ങനെ വൈകുണ്ടത്തെ പ്രാപിക്കുക അതൊക്കെ പരമ്പര എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവിടെയൊക്കെ ചേർന്നു പലപ്പോ നിശ്രേയസൊക്കെ പ്രാപിക്കുമെങ്കിൽ വൈകുണ്ഠത്തിലൊക്കെ ചേർന്നു അത് യുദ്ധം ചെയ്തേ പറ്റും എന്തുകൊണ്ടത് ഭഗവാൻ സന്ദേശ അത് പറയുന്ന ഏതായാലും ിക്കുന്നതിനനുസരിച്ച് പരമനിശ്രയത്വത്തിന് അത് കേരളമാണ് അതാണെങ്കിൽ സമം കഴിഞ്ഞു ആ അതറിയില്ലാത്ത ഭാഷ ശക്രാചാരത്തിൽ വേഖാരിക്കുന്നത് രീതിയിലാണ് സ്വകർമ്മമാണ് അതിന് യോഗമായി അനുഭവിച്ച് ചിത്രശുദ്ധിയോടെ ജ്ഞാനം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ശുദ്ധത്തെ നിശ്ചരാർപ്പണമായി ചെയ്യും ഭക്തി ഭക്തിയിലൂടെ ഇതെല്ലാം ചേർന്ന് ഒടുവിൽ തന്നെ ജ്ഞാനത്തിലെത്തിച്ചേർന്നു മോക്ഷം പേരൊരു പേരൊരു യുദ്ധം എന്തുകൊണ്ട് ക്ഷത്രിയ എന്റെ സ്വധർമ്മമായതുകൊണ്ട് അതിന്റെ മാല ക്ഷത്രിയൻ അവകാശം ക്ഷത്രത്തിൽ തന്നെ പറയുന്നത് ക്ഷത്രിയൻ ആയെന്നുമ്പോൾ തന്നെയും യുദ്ധീകരണ മറിച്ച് യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ക്ഷത്രിയനാകുമെന്നല്ല അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇവരും പറയുന്നു രാജാഹിന്ദ്രാരും പറയുന്നു അവർ ചെയ്യുന്ന ജോലി പിന്തുണ ചെയ്യാൻ പറ്റും പലപ്പോഴും പറയുന്നതാണ് അത് ജാതകം പദ്ധതിയും വ്യവസ്ഥയ്ക്ക് ഉള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അവർ പറയുമ്പോ ഗീതയുടെ അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കാറുള്ള ഇത് ചെയ്യുന്നത് കൊണ്ട് എത്രയും ആളുകയാണ് എത്രയും ആണ് ആധുനിക വ്യാഖ്യാനം അനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഞാനും അങ്ങനെ വ്യക്ാനിച്ചിട്ടില്ലെന്ന് പറയുന്നു ഇത് ഇവിടെ പറയുന്നത് പ്രാചീനമായ വ്യാഖ്യാനം യഥാർത്ഥമായ വ്യാഖ്യാനം മറ്റത് കാ ഒരു മതധാരണെന്താണോ ഇന്നത്തെ ഒരു സഹസ്രങ്ങളെല്ലാം കാലത്തിനനുസരിച്ച് വെക്കാൻ അങ്ങനെ ഒരു നിലപാടുള്ളവർക്ക് അങ്ങനെയും അപ്പൊ ഈ രാജാജന്മാരെ തള്ളിക്കളയുള്ളൂ പാരമ്പര്യത്തെ പിന്തുടരൂന്ന് പറയുന്നില്ല എന്തായാലും ഇദ്ധത്തിന്റെ പ്രയോജനം പരമന് ശ്രേന്ദ്രമാണ് അതെല്ലാവരും പറയുന്ന കാര്യമില്ല എല്ലാ ഭക്ഷണമാരും പറയും അതറിയില്ല പ്രത്യക്ഷേപ രൂപ സ് അർജുനവാക്യസ് അപ്പൊ അതിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള അർജുനന്റെ വാക്യങ്ങളാണ് കൂടെ പറയുന്നത് കഥം ഭീഷ്മും അഹം സംഗീത അർജുനനെ അറിയത്തില്ല ഞാൻ മോക്ഷത്തെ പ്രാർത്ഥിക്കേണ്ടവനാണ് ക്ഷത്രിയനും ഒരു ചേരേ പറ്റും ഇതറിയില്ല എന്നാണ് കൂടെ അജ്ഞാനം മഹാഭാരതത്തിൽ പറയുന്ന പറയുന്നത് വ്യാഖ്യതാവ് പറയുന്നുണ്ട് മഹാഭാരതത്തിലറിയുന്നു പറയുന്നത് തഥാവിരാഖ്യാനാകുലകൂലം അതല്ല വന്നു ക്ഷത്രിയനായി ജനിച്ച് ഇത്രയും കാലം യുദ്ധം ചെയ്ത് അതൊരു ഇപ്പോഴെങ്കിലൊരു ആകുല ഒന്നും അസ്ഥാന സ്നേഹദാവിന്യം നേരത്തെ വ്യാപനാചാര്യൻ പറഞ്ഞ കാര്യത്തിൽ സൂചിപ്പിക്കും അസ്ഥാനന്തരം എൻ്റെ ഒരു വന്ധസ്നേഹം ൃപയ എന്നൊക്കെ പറഞ്ഞില്ലേ ആകുലതാമൂലം അതാണ് എന്താണ് ഈ അജ്ഞാനസ് ധ്യാനം ഒന്നും കാരണം ഇല്ലാത്ത സ്വധർമ്മത്തെ അറിയാതിരിക്കുന്നത് അത് ആഖ്യാനാണെങ്കിൽ ധർമ്മധർമ്മം കുറിച്ച് പറയുന്നതിൻ്റെ അതിൽ വ്യാഖ്യാനിക്കും അതുകൊണ്ടാണ് ഉത്തരം പറയുന്നത് ശേഷഭാഗത്ത് ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷകാരൻ അവിടെ പറയുന്ന ഭാഷ പുനരഭിവാർത്ത സ്നേഹക്കാരനൊക്കെ ധർമ്മധർമ്മ ഭയപലാണ് പുനരലിതാർത്ഥ വിഷയതയാ പുനരലി നമുക്ക് പഴയതുപോലെ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജോലം പറഞ്ഞ് വീണ്ടും പറയും അദ്ദേഹം നിർത്തുന്നു എനിക്ക് പൊന്നാൻ വയ്യ എന്നുള്ള ഒരു നിലപാടാണ് അതാണ് പുനരലിത പോകാനെ തന്നെ കഥമയാ അനന്തസംശ്ര തദർശനായ ആദിശത്ത പുനരുമേഹാരണർമാധർമ്മഭയാഫല ഭഗവതം ഇതും അജാനണ് ഉച്ച വിഷ്ണുരുോണാദിതാണ് എന്ന് പറയുന്നത് പറയുകയാണ് അനുഭാത ഉപലക്ഷണതയാവ എന്താണോ പറഞ്ഞത് അത് പറയാത്തതിന് ഇവിടെ ഉപലക്ഷണമായി അതിനെ പറഞ്ഞതായും ജയിച്ചതാണ് എന്നാണ് പാത്തോടെ പറഞ്ഞത് അനുഭാഗത്ത് പറയുന്നത് പൂജാക്ക പൂജാകാശിത് പൂക്ഷിക ബഹുമുന്ദം യുവ കേതയാ ഉത്തരശ്ലോകസ്ഥം അത്ര ആകർഷയുക്തം ഗുരുവിന് അതായത് നാലും അഞ്ച് അഞ്ചിനുള്ള കാര്യങ്ങളും കൂടി ചേർത്താലും നാലു വേഗമായിരിക്കുന്നതാണ് വിഷ്ണു തിരോണാധികാൻ ഗുരുവിന് ഗുരുവിനെന്ന് അഞ്ചിനകത്ത് ചേർത്ത് പറയും കഥം ഭീഷ്മഹം സംഖ്യയെ ഗുരു അനുഭവിച്ച അവിടെ ഗുരുവിനോട് ഏകതാവ് ചേർത്ത് ഏകശ്ലോകത്തിൽ എടുത്തി ചേർത്ത് പ്രതി ബഹുമ്പോ മഹാൻ ഭഗവാനും ഉത്തരശ്ലോകസ് അനുസന്ധാന അതും ആദ്യ ശ്രോത അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അത് പരസ്പരം ആ ശ്രമങ്ങളുടെ ബന്ധങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങളാണ് അതും കൂടെ ചേർത്ത് വേണ്ട വി സൈവ ബഹുമെന്ന പിതാമഹ ധർവേലവരായിരിക്കും അത്യന്ത ബഹുമില്ല അവരായി അവർ സ്വയം തന്നെ ബഹുമാനിക്കേണ്ടവരാണ് പിന്നെ പിതാമകനാണ് ധർമ്മയിൽ ആചാര്യനാണ് ഞോണനും എന്തായാലും പൂജിക്കേണ്ടവരാണ് പുഷ്പാദിവിണാം പൂജ യുവത്തിരേ വസാദ പുഷ്പങ്ങൾ കൊണ്ട് പൂജിക്കേണ്ടവരെ പൂജിക്കാതിരുന്നത് തന്നെ സാഹസമാണ് വിവേകശൂന്യമായ പ്രവൃത്തിയാണ് വിവേകമില്ലായ്മയാണ് പൂജാൾക്കാരെ പൂജിക്കാതെ ഹനനതി കൊണ്ടുന്നവരും അത് തീർത്തും വിവേകശൂന്യമായൊരു പ്രവൃത്തിയാണ് അർജുന പൂജിക്കുന്നില്ല എന്നാൽ പൂജിക്കട്ടെ പക്ഷെ കൊണ്ടെ അതിസാഹസം സാഹസോദിച്ച വിവേകമില്ലാതെയുള്ള പ്രവൃത്തി സാധാരണ ഇതാണ് വിവേകശൈമായ സഹസ ഭ സംഭവിക്കുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും ചിന്തിക്കാതെ പ്രവർത്തിച്ചുകഴിഞ്ഞാൽ സാഹസം ചിന്തിക്കാതെ ഗുരുഭക്തി അല്ലെങ്കിൽ നിരോധി സഹജം എന്താണ് ഗുരുഭക്തി കൊണ്ടെന്താണ് ഗുരുക്കന്മാരോട് വിരോധികളോട് ചത് ധരിക്കുക പക്ഷെ ഗുരുക്കന്മാരോട് ചെയ്യും ഗുരുഭക്തി കൊണ്ടിനാണ് ചെയ്യട്ടെ എന്നുള്ളത് ഗുരുവിന് വിരോധമുള്ളവരോട് ഇങ്ങനെ ചെയ്യും ക്ഷത്രീ ോടങ്ങനെ ചെയ്യും ചെയ്യാമെ ഭക്ഷ്യത്തിൽ പറഞ്ഞത് അതിലഭി പാട ദ്രോണാധികാൻ ഗുരു ബഹുമന്ദനിയാൻ കഥമഹം വിധനഷ്യാമി കഥം ഗുരുപരിഷി പ്രതിയോഗയാമി വിജയ ഭാവം ഏറ്റെല്ലാത്തിൽ അതാണ് ഇവിടെ പറഞ്ഞത് കഥം വിഷ്മം അഹം ഇവിടെ അഹം ശബ്ദം പറഞ്ഞത് അത് പറഞ്ഞു പവിത്വത്തേതും പ്രഖ്യാത വംശത്വാദികം അഭിപ്രായം വളരെ ശ്രേഷ്ഠമായ ഒരു വംശത്തിലാണ് പറഞ്ഞത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഹംശബ്ദം പക്ഷെ പ്രതിയുസ്യാമോ പര്യന്തം പ്രതീർത്തം അഭിപ്രായത്വം ഉത്തരശ്രോ വിപ്രതമില്ല അനുഷ്യാ യുദ്ധം ബഹുമന്ദവ്യാൻ കഥമഹം മനുഷ്യ അനുഷ്യാമുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധം ഇവരുടെ ഹിംസയിലെ അവസാനി അല്ലാതെ തോട്ടിച്ചോടിക്കുകയോ പിടിച്ചു കെട്ടുകയോ ഒന്നുമല്ല ഒരു ഹിംസയിൽ ഒരു യുദ്ധമാണ് ഇവരെ വരും രാജ്യത്തിന്റെ അവകാശ ആരാണെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അവരെ കൊല്ലേ പറ്റും അവരവകാശികളായിരിക്കും അവശ അവകാശികൾക്കൊപ്പം ധരിക്കുന്നവർക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലാതെ രാജ്യം പിടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടിത് കൊല്ലേണ്ട ഒരു യുദ്ധമാണ് അതാണ് ഹനനപര്യന്ത പ്രതിയുദ്ധാഭിപ്രായം ഹനനപര്യന്തമായ പ്രതിയുദ്ധം അവരോടുള്ള എതിരിട്ടുള്ള യുദ്ധം നേരിട്ടുള്ള യുദ്ധം അതാണ് പ്രതിയോഗം ആണ് ഹനീഷി ആകെ ആണ് പറഞ്ഞത് അഹം അഹം ഘനഷൻ എങ്ങനെ കൊല്ലം കൊല്ലയും മതിയാകും ഇത് എല്ലാം ഏർപ്പെട്ട കൊന്തേ മതിയാകും മുമ്പ് അവരോട് വീതം ജീവിക്കുന്നുണ്ട് അതുപോലെ അല്ല ഇന്ന് ഇതൊന്നും സങ്കടം മറ്റു യുദ്ധങ്ങളും മധുസൂദന അനുസൂദന ശബ്ദാദ് മഹിത്മേ ശാന്തി ശ്ലോകങ്ങളുള്ള വാക്കുകളേയും ഭാഷയിൽ പ്രത്യേകത്താണ് വരിക ഇടയ്ക്കിടയ്ക്ക് അതിനുള്ള വാക്കുകളിലേക്കിടയ്ക്ക് ഭാഷയിലേ വയ്ക്ക രണ്ട് ശബ്ദം വന്നു മധുസൂദന ഹരിസൂചന രണ്ട് ശബ്ദം അവിടെ എന്താണ് മാത്രവിനെ കൊല്ലുന്നവൻ ശത്രുവിനെ കൊല്ലുന്നവനെന്നൊക്കെയാണ് ചോദിക്കുന്നു നീ നിരന്ത ഗുരുണ്ടായിരുന്നു സന്ധി അസമത്തിൽ താമസിച്ച നിർത്തിയ തേടി എന്നാണോ പറയുന്നു കുറ്റം ക്രമിച്ച് അവിടെ നീ ഗുരുവിനെ കൊല്ലുന്നു ഇല്ലല്ലോ എന്നെല്ലോ ഗുരുവിനെ കൊല്ലാനാവശ്യപ്പെടുന്നു എന്നാണ് അർജുനന്റെ ചോദ്യത്തിന്റെ താൽപര്യം സ്വയം ഗുരുവിനെ കൊല്ലാത്തയാള് വേറൊരു വേറൊരുവരോട് ഗുരുവിനെ കൊല്ലാൻ ആവശ്യപ്പെടും എങ്ങനെ ശരിയാവുന്നു അത്രയും ലഘാതാവ് കടന്ന് ചിന്തിക്കുകയാണ് അതുവരെ അർജുന സ്ഥിതി സൂചിതം എന്നാണ് എന്റെ ഗുരുവിനെ കൊണ്ടില്ല എന്നോട് ഗുരുവിനെ കൊല്ലാൻ ആവശ്യപ്പെടും ഇവിടെയൊക്കെ എന്താണ് കൊല്ലുക എന്ന് പറയുന്ന ആശയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അല്ല മനസ്സിന്റെ സമ്പർക്കവും അപ്പോൾ വളരെ വ്യക്തമാണ് അവിടെ നല്ല ഗീതാണോ ക്ഷത്രിയന്റെ യുദ്ധം കൊല ഇതിനെക്കുറിച്ച് എന്ത് ചർച്ച ചെയ്തു എന്നാൽ ഇതിലൂടെയൊക്കെ ചർത്തും മോക്തും ഇവർ പഠിച്ചിട്ടുണ്ട് തുമണുള്ളൂ ക്രിയായ ക്രിയാർത്ഥായ ക്രിയാർത്ഥക്രിയ ഇരിക്കുമ്പോഴാണ് തുമ്മൻ വരുന്നത് പക്ഷെ ഇവിടെക്കേലും ഭാവാർത്ഥത്തിലാണ് ക്രിയാർത്ഥക്രിയയില്ല ഭക്ഷിക്കുന്നതിന് അത്രയേ ഉള്ളൂ ഭാവം ക്രിയാർ അത്രമേ ഉള്ളൂ ക്രിയാർത്ഥക്രിയ ഇല്ലാതെയുമേ അത് പണിനെ സംബന്ധിച്ചിട്ടുള്ള കഴിയുന്നു അത് ക്രിയാർത്ഥം ക്രിയാർത്ഥക്രിയ വേണമെന്നില്ല ഭക്തി യാതി പോകുന്നു അതിനു വേണ്ടിയിട്ടില്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രിയ ഗണമെന്നും അത് ശരിയാകുമാണോ അങ്ങനെയും പ്രയോഗിക്കാം നടന്നു എത്തിപ്പിയാൽ ആദ്യം ചെയ്യുക ആശ്രയമില്ല തഥാപി ഗുരുവഹ ഗോവീകരധാചരണി ശ്രേധ പ്രശസ്തി എന്തായാലും എന്തെങ്കിലും ഒരു ഉപജീവിത മാർഗം വേണം ജീവിക്കട്ടെ പറയുന്നു ഗുരുക്കന്മാരെ പൊതുതും കിട്ടുന്ന ഭോഗങ്ങൾ ജീവിത മാർഗങ്ങളെക്കാളും നല്ലത് വിക്ഷേപിച്ചിരിക്കുന്ന എത്തിൽ യാത്ര ജീവിത ആശയങ്ങളും എന്തെങ്കിലും ഒരു ഉപജീവനമാർഗം വേണ്ടി തീരുമാനം വക ലബ്ദഭോഗയില്ല ഗുരുക്കന്മാരും കൊന്നു കിട്ടുന്ന സുഖഭോഗം ഇഹനവരധർമ്മരൂപ ഭക്ഷ എന്ന മനസ്സിൽ പരധർമ്മം ഇവിടെ അറിയുന്നുണ്ട് പറയുന്നത് പലധർമ്മവും ഭയാവഹ ഇവിടെ ഈ ചാതകോഡ് ഇതിന്റെ അടിസ്ഥാനത്തിലവത്രി ഈ പറയുന്ന പിട്ടാടനം പറഞ്ഞിട്ടുള്ള അത് ബ്രാഹ്മണൻ ലഭിച്ചിട്ടുള്ള ഇത് വിഹിതമാണ് അപ്പോ ശത്രു അത് ചെയ്തു കഴിഞ്ഞാൽ പരധർമ്മം അപ്പോ അതാണ് ഒടുവിൽ പറയുന്നത് ഇവിടെ അങ്ങനെ തന്നെ വ്യാഖ്യാനികൾ ആധുനിക വ്യാഖ്യാതായി പറയുന്നത് സ്വതന്ധന ശ്രേക്ഷൻ എന്റെ ധർമ്മം എന്ന് പറയുന്ന ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധമാണ് അതിന് മരിക്കുന്നതാണ് നിനക്ക് നല്ലത് അത് പറഞ്ഞല്ലോ യുദ്ധത്തിലൂടെ പരമ്പരയ പരമനിശ്രേയസത്തെ പ്രാപിക്കാം അതാണ് അത് മനുസരിച്ചുകൊണ്ടാണ് പറഞ്ഞത് പരമ്പരയ പരമനിഷത്തൊഴിൽ ചെയ്യുക മരിക്കുക അല്ല ഇനി ഇനി ഭിക്ഷാടനത്തിന് പോയാലോ അത് പരധർമ്മമാണ് പരധർമ്മോ ഭയാഹ അത് നരകത്തിൽ ഈ ബ്രാഹ്മണന്റെ ധർമ്മമായ ഭിക്ഷാടനത്തിന് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഈ ആചാര്യം എന്താണ് ആദ്യം ക്ഷത്രിയൻ എന്നുള്ളൊരു ജാതിയെ മുൻനിർത്തി ആ ജാതിയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് പറയുന്നു ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയെ മുൻനിർത്തി ആ ജാതിയുടെ പറയുന്നു കൃത്യമായ ജാതകങ്ങൾ നിർമോചനങ്ങൾ അനുസരിച്ചായിരുന്നു പറയുന്നു അല്ലാതെ ഒരാളെ സന്യാസിയായ ബ്രാഹ്മണനാകുമെന്ന് ഇന്നത്തെ ശൂദ്ര സന്യാസിമാര് അല്ല അതൊക്കെ അബദ്ധമാണ് വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളതാവുന്നപ്പോൾ ശാസ്ത്രമെന്ന് പറഞ്ഞു അവര് മഹാഭാരതം തന്നെ തുടങ്ങി മഹാഭാരതത്തിന് ഒരു സന്ദർഭത്തിലും പറയുന്നുണ്ട് ബ്രാഹ്മണന് സന്യസിക്കാം ക്ഷത്രി സന്യസിക്കാം വൈശ്യനെ സന്യസിക്കാം ശൂദന സന്യസിക്കാം യും പറയുന്നുണ്ട് അപ്പൊ അവിടെ പറയുന്നത് ബുദ്ധിയുള്ളവരെ ശ്രദ്ധിച്ച് മനസ്സിലാവുന്നത് അല്ലാത്തൊരു ബ്രാഹ്മണനും സന്യസിന് ശൂദനും സന്യസിക്കാം എന്നാണ് പറയുന്നത് ബ്രാഹ്മണനും സന്യസിക്കാം ശൂദന സന്യസിക്കാം ഞാൻ അർത്ഥം തോന്നുന്നത് സന്യസീന ിച്ചാൽ ബ്രാഹ്മണനാവുകയാണെങ്കിൽ ശൂദനെ സന്യസിക്കാമെന്ന് പറയുന്നത് അർത്ഥം മനസ്സിലായോട്ടോ മനസ്സിലായല്ലോ അതായത് സന്യാസം കൊണ്ടാണ് ബ്രാഹ്മണനാകുകയാണെങ്കിൽ എന്റെ ശൂത്രം സന്യസിക്കാമെന്നു പറയുന്നത് നടത്തും ബ്രാഹ്മണനും സന്യസിക്കാം ശൂട്ടനും സന്യസിക്കാം എന്ന് പറയുന്ന കാര്യമില്ല അത് പിന്നെ ബ്രാഹ്മണ സന്യാസം സൂദ്രസന്യാസവും രണ്ടില്ല എന്തുകൊണ്ട് സന്യാസിയെ അതാണ് ബ്രാഹ്മണി മഹാഭാരത് അങ്ങനെയല്ല പറയുന്നത് നാല് ജാതികൾക്കും വേണ്ടിവന്ന സീകം പക്ഷെ സൂത്ര സന്യാസി എന്നുള്ളത് രാജാവിൽ നിന്ന് പ്രത്യേകം ധർമിഷമാണ് പ്രത്യേകം ധർമിഷം ആയിട്ട് സൂത്ര സന്യാസി അത് അത് ഇവിടെ കാശികാരന്മാരല്ലേ അവര് പറയുന്നത് അതിന് യോഗ്യത ബ്രാഹ്മണനാണ് വിഷ്ണു തന്ന അതാണ് ഇവിടെ പറഞ്ഞത് ഈ ക്ഷത്രിയനാണ് എന്നെ സംബന്ധിച്ച് എന്താണ് പരധർമ്മമാണ് ബ്രാഹ്മണധർമ്മമാണ് സന്യാസം സ്വീകരിക്കാൻ നിനക്ക് അതുപോലെ പലധർമ്മവും കൂടെ ജാതിയുടെ അടിസ്ഥാനത്തിനാണ് പഴയകാർ തീരുമാനിച്ചത് അല്ലാതെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഇവരുടെയൊക്കെ രേഖ അനുസരിച്ച് പ്രകൃതി തോന്നിയോട്ടി വ്യാഖ്യാതെ വ്യാഖ്യാനങ്ങളാണ് അജുനന്റെ പ്രകൃതി രജസാണ് അതുകൊണ്ട് ആണ് പറയുന്നത് അതിനുനോട് സന്യാസം ഒരു ജ്ഞാനവും അങ്ങനെ വ്യാഖ്യാന അത് ആധുനിക വ്യാഖ്യാനം പക്ഷേ ഈ വ്യാഖ്യാനങ്ങളും ഒന്നും അതിനോട് യോജിക്കത്തില്ല അതിൻ്റെ പ്രകൃതി ആയതാണ് സന്യസിക്കരുതെന്ന് പറയുന്നു യോഗിക്കത്തില്ല ഇതിലത്തെ പ്രകൃതി രഹസ്യം തന്നെയാണ് ആ പ്രകൃതി രചസായതുകൊണ്ടാണ് എന്ത് ചെയ്തത് അയാള് ക്ഷത്രിയനായി ജനിച്ചത് അപ്പൊ ക്ഷത്രിയന്റെ പ്രകൃതി രഹസാണ് അവിടെ ഒന്നാമത് നോക്കേണ്ടത് അയാളുടെ ഗുണത്തെ കണ്ടുപിടിക്കേണ്ട അയാൾ ഏത് ജാതി ജനിച്ചെന്ന് നോക്കുകയാണ് അപ്പോ അതങ്ങനെ ശരിയാവും എന്നാലും പൂർണ്ണ സിദ്ധാന്തം ശരിയാവും പൂർവ്വജന്മസിദ്ധാന്തം അനുസരിച്ചാണ് എന്താണ് പൂർവ്വസംസ്കാരം അനുസരിച്ചാണ് ഈ ജന്മം അപ്പൊ ക്ഷത്രിയകുലത്തിൽ ജനിക്കണമെങ്കിൽ അയാളുടെ പൂർവ്വ സംസ്കാരം അനുസരിച്ച് അയാൾ തിരുജോ ഗുണമുള്ളവനായി അവര് ക്ഷത്രിയകുലത്തിൽ ജനിച്ചു പൈഡ് ചെയ്യണം അയാൾക്കും അയാളുടെ സ്വധർമ്മമായിട്ട് ചെയ്തത് അപ്പോ ക്ഷത്രിയന് അങ്ങനെയാണെങ്കിൽ പിന്നെ ക്ഷത്രിയനങ്ങനെ മോക്ഷം ചോദ്യം വരുന്നു മോക്ഷത്തിനെല്ലാവരും അധികാരിയല്ലേ ക്ഷേത്രയിൽ ക്ഷേത്രയും പൈസ ചൂട്ടിൽ നോക്കുമ്പോൾ മോക്ഷത്തിന് അധികാരി ഉണ്ടാകാൻ ആദ്യം പറഞ്ഞത് പരമ്പരയെ അവർമ്മനുഷ്ഠിക്കണം യുദ്ധം ചെയ്തിട്ട് മോക്ഷത്തിനേക്കണം അതിന്നു മാറാൻ പറ്റില്ല അല്ല അവിടെ ഭിക്ഷാചരി സന്യാസത്തിലൂടെ മോക്ഷത്തേല്ല കാരണം നിന്റെ ഗുണകർമ്മം അനുസരിച്ചാണ് നിന്റെ ജന്മം അത് പൂർവ്വജന്മവും പുനർജന്മവും അംഗീകരിക്കുകയാണെങ്കിൽ ഈ സിദ്ധാന്തത്തെ അംഗീകരിച്ചേ മതിയോ ഞാൻ ജീവിതം പറയാം അതുകൊണ്ട് ബ്രോമണന് ഭ്രോണരെ കർണനും മറ്റും നിന്ദിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നത് എന്താണ് പഴയകാലത്ത് ധനർഭേദോ എന്ന ശാസ്ത്രമാണ് ചോദ്യയിലാണ് ദ്രോണല് ദ്രോണല് ബ്രാഹ്മണനായി ജനിച്ചിട്ടും യുദ്ധം ചെയ്തില്ലേ എന്നാണ് അത് പറയുന്നത് ണരെ മഹാഭാരതത്തിൽ തന്നെ ദ്രോണനെ കുറിച്ച് പറയുന്നു പരധർമ്മങ്ങൾ സ്ഥിതിച്ചവനാണോ പരധർമ്മങ്ങൾ സ്ഥിതിച്ചവനാണ് എന്നാണ് പറയുന്നത് ഈ അത് കർണന് മറ്റും ദ്രോണരെ ആക്ഷേപിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട് യുദ്ധസം ഇതൊക്കെയൊക്കെ പലരും പറയുന്നുണ്ട് നീ കഴിയുന്നത് എന്താണ് പര ധർമ്മം ചെയ്യുന്നു പലധർമ്മാണ് സ്വധർമ്മമാണ് സ്വകർമ്മമാണെങ്കിൽ എന്ത് ചെയ്യണം യജനം യാജനം പോലെയുള്ള കർമ്മങ്ങളിലാണ് ഏർപ്പെടേണ്ടിയിരുന്നത് പക്ഷെ പരശുരാമൻ എന്ത് ചെയ്തു ഇങ്ങനെ ബ്രാഹ്മണനായി ഇട്ടും എന്തു ചെയ്തു ഇതിന് പോയി ഇത് മനുഷ്യന്റെ പ്രകൃതിക്കനുസരിച്ചല്ല രണ്ടും നമ്മൾ വ്യത്യാസം വരുത്തണം മനുഷ്യന്റെ പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവത്തിനനുസരിച്ചല്ല ചാതുർവർണ്ണയം പറയുന്നു ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ജന്മം കൊണ്ടാണ് പറയുന്നത് ജന്മം കൊണ്ടാണ് പറഞ്ഞിട്ട് നിശ്ചയിക്കുന്നത് അപ്പോ ബ്രാഹ്മണൻ കുലത്തിൽ പിറന്നയാളാണ് പരശുരാമൻ അപ്പോ പരശുരാമൻ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ബ്രാഹ്മണധർമ്മമാണ് ഇതാണ് ആ നിയമം അന്നത്തെ ബ്രാഹ്മണധർമ്മം എന്ന് പറയുമ്പോ യകന യാചനം പോലെയുള്ള കാര്യങ്ങളാണ് ശരി ണന്റെ അപ്പോ ദ്രോണന്റെ ഉള്ളിൽ രജസ്വം അത് എന്താണ് ദ്രോണന്റെ സ്വഭാവം പക്ഷെ ശാസ്ത്രം പിരിച്ചിരിക്കുന്ന എന്താണ് നീ എന്റെ ജാതിയിൽ പിറന്നാൽ നീ ഇന്ന പ്രവൃത്തി അപ്പൊ ദ്രോണന് ചെയ്യേണ്ട പ്രവൃത്തി നിജരൻ ജാതി പോലെയുള്ള പ്രവൃത്തി ഉപേക്ഷിച്ചിട്ടെന്തെങ്കിലും ദ്രോണന് പല നിർമ്മിക്കുന്നു ഇത് മഹാഭാരതത്തിൽ നിക്ഷേപിക്കുന്ന കാര്യമാണ് അപ്പൊ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത് പേരിൽ ദ്രോണരെ മഹാഭാരതത്തിൽ ആക്ഷേപിക്കുന്നു പലതും നടന്നു അപ്പൊ അവിടെ ഗുണമനുസരിച്ച് പ്രവർത്തിക്കാനല്ല പറയുന്നത് ഗുണമനുസരിച്ച് പ്രവർത്തിക്കാൻ പറയുകയാണെങ്കിൽ ദ്രോണര് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു തെറ്റുമില്ല കാരണം അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് രജസാണ് അപ്പൊ യുദ്ധം ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ മഹാഭാരത്തിൽ പറയുന്നതല്ല ദ്രോണര് ചെയ്യുന്ന തെറ്റെന്നാ പറയും എന്തുകൊണ്ട് ബ്രാഹ്മണങ്ങൾ നിൽക്കുന്നു അപ്പൊ ജാതി നിശ്ചയിക്കുന്നത് ജന്മം കൊണ്ടാണെന്നാണ് പറയുന്നത് അല്ല യുദ്ധം ചെയ്യുന്നൊണ്ടാകുന്നില്ലെന്നാണ് ഞാൻ പലവണ്ണം പറഞ്ഞിട്ടുള്ളതാണ് യുദ്ധം ചെയ്തതിന്റെ പേരിൽ അയാൾക്ക് രജോ ഗുണമുള്ളത് കൊണ്ട് ഒരിക്കലും ബ്രാഹ്മണനെ മഹാഭാരതി ഒരിടത്തും ക്ഷത്രികനൊന്നും പറയുന്നില്ല മറിച്ച് പരധർമ്മം മനുഷ്ഠിച്ചാണോ എന്ന് പറഞ്ഞ് അപഹസിക്കും എല്ലാവരും അവസാനം അപ്പൊ ജാതെയും നിർണ്ണയിക്കുന്ന ഗുണവശത്തിൽ എല്ലാം നിർണത്തിന്റെ ഒരു വലിയ തെളിവാണ് അപ്പോ മഹാഭാരതം പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ശരിക്കും ദുഡോണോന്റെ സ്വഭാവം എന്താണ് രജസാണ് അതുകൊണ്ടാണ് യുദ്ധം ചെയ്തത് പക്ഷെ മഹാഭാരതം അനുസരിച്ച് അത് പല ധർമ്മമാണ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കഴിച്ച് അതാണ് മനസ്സിലാകുന്നത് അർജുനന്റെ സ്വഭാവം എന്ന് പറയുന്നത് രജസാണ് പിന്നെ അർജുനൻ ജനിച്ചിരിക്കുന്നത് ക്ഷത്രിയനായിട്ടാണ് അപ്പൊ യുദ്ധം ചെയ്യാൻ മതിയാവും രണ്ടും ഒരുമിച്ചിരിക്കുന്നു ാണ് ജനിച്ചത് ക്ഷത്രിയാണ് അപ്പോ അർജുനോട് പറയുകയാണ് ഈ ഭിക്ഷ സ്വീകരിക്കരുത് കാരണം നിന്റെ ഗുണം അതല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്നു കൊണ്ട് അർജുനൻ ജനിച്ചിരിക്കുന്ന ക്ഷത്രിയനായി അർജുനന്റെ ഗുണം എന്ന് പറയുന്നത് രജസമാണ് ആ രണ്ടു കൊത്തു വരുന്നുണ്ട് അങ്ങനെ രണ്ടു കൊത്തു വരുന്നിടത്ത് പ്രശ്നം പക്ഷേ ബ്രാഹ്മണനിലങ്ങനെയല്ല കാണുന്നുണ്ട് ജന്മം കൊണ്ടല്ല ഗുണം അവിടെ സംഭവിച്ചു ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കണോ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചു അപ്പൊ ബ്രാഹ്മണമെന്ന് പറയുന്നത് ഗുണം കൊണ്ടാണെങ്കിലും കേവലം വിശമ്മതമായ ഗുണങ്ങളുള്ളവരാണ് ബ്രാഹ്മണനെങ്കിൽ ഒരിക്കലും ദ്രോണത ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മഹാഭാരതത്തിൽ ദ്രോണത ബ്രാഹ്മണൻ എന്നേ പറയും രജോ ഗുണമുണ്ട് യുദ്ധം ചെയ്തോണ്ട് ഒരിടത്തെ ക്ഷത്രിയനെന്ന് പറയുന്നില്ല ബ്രാഹ്മണൻ പരകർമ്മം ചെയ്തു എന്നാ പറയും അപ്പൊ അത് നിർണ്ണയിക്കുന്നത് ജന്മം കൊണ്ടാണ് എനിക്കൊരു ഗുണകർമ്മങ്ങൾ അനുസരിച്ചല്ലെന്ന് ഞാൻ പറയുന്നത് പിന്നെ കേരളീയ ആ ശാസ്ത്രത്തിന്റെ കാര്യം പറയും ഈ ശാസ്ത്രത്തിന്റെ കാര്യം എന്ന് പറയുന്നത് എന്താണോ അല്ല ഇവരെല്ലാ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുകയല്ലേ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുക എന്തുകൊണ്ട് ശാസ്ത്രം അധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് അന്ന് ബുദ്ധിമുട്ട ഒരു കഴിവുള്ള ഒരു ശാസ്ത്രം അധ്യയനം ചെയ്യുന്നു അപ്പൊ ധനുവേദം എന്ന് അത് പരശുരാമൻ ബ്രാഹ്മണനാണ് ധനുർവേദത്തിന്റെ ആചാരോണന് ബ്രാഹ്മണനാണ് ധനുർവേദത്തിന്റെ ആചാര്യം അപ്പൊ അന്നത്തെ ഒരു നിയമം അനുസരിച്ച് ഈ ഗുരുവായില്ല ഉള്ള യോഗ്യത ബ്രാഹ്മണനാണ് മറ്റുള്ളവർക്കില്ല അപ്പോ ധനുർഭേദം എന്ന് പറയുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും ഏറ്റവും യോഗ്യനായ ആള് ബ്രാഹ്മണൻ തന്നെയാണ് അതെന്താണ് ഒരു വിദ്യ എന്നുള്ളതാണെങ്കിലും അത് പഠിക്കാനും പഠിപ്പിക്കാനും ബ്രാഹ്മണൻ അധികാരമുണ്ട് കാരണം ഗുരുവായിരിക്കാനും ബ്രാഹ്മണനെയുള്ളൂ അധികാരം അത് കൊണ്ടുപോകുന്നത് ശാസ്ത്രം പറയുകയാണെങ്കിൽ അതും ഇതിന്റെ അപവാദങ്ങളെല്ലാം കാണുന്നു പിന്നെ ഈ ധനം എന്ന് പറയുന്നത് നമ്മള് ധാരണ ധരിക്കുന്നതുപോലെ എന്താണ് ആദിവാസികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അമ്പും പിന്നും പോലെയുള്ള അമ്പം പിന്നും ചെയ്യാൻ പഠിപ്പിക്കുന്നതല്ല ധനപ്രേദി മന്ത്രങ്ങളാണ് ബ്രഹ്മാസരം ഭരണാസനം വായുവ്യാസനം ഇങ്ങനെയൊക്കെ പറയുന്ന മന്ത്രങ്ങളാണ് പറയുന്നതെല്ലാം അപ്പോ ഈ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ടാണ് അവിടെ നാഗാസുരവും ഭരണാസനവും ബ്രഹ്മാസരം എല്ലാം ഉണ്ടാവുന്നത് അല്ലാതെ അവരുടെ ബില്ലിലോ അവരുടെ അമ്പിലോ ഇരിക്കുന്ന സംഗതി അല്ല അപ്പൊ ഈ മന്ത്രങ്ങൾക്ക് ആരാണ് അധികാരികൾ ബ്രാഹ്മണനാണ് അപ്പൊ ബ്രഹ്മാസരം പോലെയുള്ള സംഗതികൾ പഠിക്കണമെങ്കിൽ അവിടെ പോകണം ബ്രാഹ്മണന്റെ അടുത്ത പോണം മറ്റുള്ളവർക്ക് ബ്രാഹ്മണനീന്നല്ലാതെ മന്ത്രത്തിൻ്റെ അധികാരി ബ്രാഹ്മണനാണ് അപ്പൊ അതൊരു വലിയ തട്ടിപ്പാണ് കാരണം ആയുധങ്ങളെയൊക്കെ മന്ത്രമാക്കി മന്ത്രമാക്കിയപ്പോ എന്ത് ചെയ്തു അതിന്റെ കുത്തക ആർക്കിട്ടി ബ്രാഹ്മണന് എങ്ങനെയൊക്കെയാണ് അവർ പരിച്ചു അപ്പോ ക്ഷത്രിയനായി ജനിച്ചാൽ എന്തെങ്കിലും ഭീഷ്മിന് പരശുരാമന്റെ അടുത്ത് പോയി കാരണം ഈ ദിവ്യാസ്ത്രങ്ങൾ കെട്ട് നോക്കി അവിടെ പോകും അല്ലെങ്കിൽ സാറിന് ഈ ആദിവാസിയുടെ കയ്യിരിക്കുന്ന അമ്പ ബിന്ദൂ അതുകൊണ്ട് ഒരു ധൈര്യം നടക്കത്തില്ലാതെ അതുകൊണ്ട് തന്നെ പൊറുക്കനെ മറ്റൊക്കെ കൊണ്ടാവുന്നല്ലാതെ ഇങ്ങനെ രക്ഷ അക്ഷോഹികളിലൊക്കെ കൊള്ളണമെന്നൊക്കെ ദിവ്യാസരങ്ങൾ മന്ത്രമാണെന്ന് ഗ്രാമയിലായിരുന്നു അപ്പോൾ സർവ്വശാസ്ത്രങ്ങളും അധ്യയനം ചെയ്യുന്നതിനുള്ള അവകാശം ഉള്ളത് ബ്രാഹ്മണന് മാത്രമാണ് ഗുരുവായിരിക്കുന്ന അവകാശമുള്ളത് ബ്രാഹ്മിണന് മാത്രമാണ് അതുകൊണ്ടാണ് ക്ഷത്രിയന്മാരായ ഗുരുക്കന്മാരായാലും നമ്മുടെ ബ്രാഹ്മണക്കെല്ലാം കൊണ്ടുവരുന്നത് ഇപ്പം ജാതകമോ നിയമങ്ങളാണ് അല്ല അതെല്ലാം സമ്മർദ്ദിക്കുന്ന ഈ നാല് ജാതിയും ജന്മം കൊണ്ടേ എന്തുകൊണ്ട് ഈ നാല് ജാതികളെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണോ അത് മനുഷ്യന് മാറ്റാമ്പത് ഭാഷകാരൻ പലടക്കും പറയും ഈശ്വരനാണ് ഇതുവരും എന്ന് കൊണ്ട് ഓരോരോ ജാതികൾക്കും യോജിച്ച ഗുണവും കർമ്മവും അനുസരിച്ച് നാല് ജാതികളെയും ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുകയാണ് അതാണ് എന്റെ അർത്ഥം പിന്നെ കാലത്തിനനുസരിച്ചിരുന്നു മാറ്റി വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നത് ഞാനും മാറ്റി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശരിക്കും ഭാഷയുടെ നിയമം അനുസരിച്ചാണ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും നിങ്ങളെ കേൾക്കുന്ന വ്യാഖ്യാനങ്ങളെ അബദ്ധവും ഈ ആചാര്യന്മാരെല്ലാം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് ഓരോ ജാതിയെയും അവരുടെ കുറവും കർമ്മവും അനുസരിച്ച് സൃഷ്ടിച്ചത് ഈശ്വരമാണ് അപ്പോ അത് ജാതികളുടെ ഇന്നത്തെയുണ്ട് അങ്ങനെയാണ് പറയുന്നത് പിന്നെ എല്ലാ അത്മൈ ജാതികൾക്കും ജ്ഞാനത്തിനും മോക്ഷത്തിനും അധികാരം ഉണ്ടെന്ന് പറയുന്നു അത് പറയുന്നു ബ്രഹ്മജ്ഞാനത്തിനും മോക്ഷത്തിനും എല്ലാ ജാതികൾക്കും അധികാരം അത് പറയുന്നു പക്ഷെ അങ്ങനെ അധികാരം പറയുമ്പോഴും ഈ ജാതികളിൽ തമ്മിലുള്ള ഭേദത്തെ നിലനിർത്തിക്കൊണ്ടും ഹൈറാർക്കിയെ നിലനിർത്തിക്കൊണ്ടും ഉച്ചനീക്കത്വങ്ങളെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോഴും അവിടെ ഉച്ച നീരപ്പൂ മേൽ പോയി അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ശാസ്ത്രജ്ഞർ പറയുന്നത് ിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പഴും ഇപ്പോഴും നടക്കുന്ന കാര്യം നിങ്ങളുമൊക്കെ പോയ എനിക്ക് കേട്ടപ്പോ വലിയൊരു തമാശ പോലും എന്താണ് തൃശ്ശൂരിപ്പോന്യാ സമ്മേളനം നടന്നത് അപ്പൊ പറയാതിരിക്കുന്ന ശരി ഇവിടെ സൂത്ര സന്യാസിമാരാണ് ഭൂരിപക്ഷം അവിടെ പോയൊരു തീരുമാനം എടുത്തെന്താണ് അമ്പലത്തിൽ കയറുമ്പോ ഉൾപ്പെടാൻ പാടില്ല അങ്ങനെയല്ല അവരുടെ ആധുനിക ഭാഷയിലൊക്കെ അവർക്ക് എന്താ എന്താണ് മേൽവസ്ത്രം പാടില്ല എന്നൊക്കെയാണ് തീരുമാനിച്ചത് പത്രത്തിൽ വായിച്ചുള്ള അറിയുള്ളൂ കേട്ടോ ശരിയാണോന്നറിയില്ല പോയാൽ അതൊക്കെ അറിയാമോ കോടികൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൊടുത്തെരുത്തണം മേൽവസ്ത്രം പാടില്ല ഉടത്തില മേൽവസ്ത്രം അപ്പം ഇങ്ങോട്ട് എന്നാലും കുഴപ്പമില്ല ഒരുപക്ഷെ അതൊക്കെ സന്യാസ ഭാഷയായിരുന്നു അവരിപ്പോ കുളുപ്പം ഒന്നും പറയുന്നു ഷർട്ടം എന്നൊന്നും പറയുന്നില്ല കൈകളോ എന്തായാലും അവർ തീരുമാനമോ പാസ്സാക്കിയോ എന്തൊക്കെ ചെയ്ത് ഉടൻ തന്നെ അടുത്ത ദിവസം പത്തനത്തിന് വാങ്ങുക തന്ത്രിമാരുമായി അങ്ങനെ തോല്യം പോലെ പണി എന്തായി തീരുമാനം എടുത്തവരെന്തായി എന്തായി ആചാരങ്ങളെ സംരക്ഷിക്കണം ഇവരൊക്കെ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്ത പോലെയാണ് ഇപ്പൊ പറയുന്നു ആചാരം സംരക്ഷിക്കുന്നത് ഞങ്ങളെതിരാണ് ഇതും പഴയ ആചാരമില്ല എന്നാണ് പുരുഷന്മാരും വേണ്ട കൊടുക്കുന്നുടാതെ പല സ്ത്രീ വേവലും ഉണ്ടായിരുന്നു പൂർണ്ണമായിട്ട് അമ്പലങ്ങളിൽ കയറിയിരിക്കുന്നു അതൊരാചാരമാണ് തന്ത്രിമാർ പറയുന്ന എന്താണ് ആചാരം സംരക്ഷിക്കണം അവര് പറയുന്നത് ശരിയാ എന്തുകൊണ്ട് നമ്മൾ ആചാരം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങി സമരം തുടച്ച് വരാം എന്തിനു പോയി ആചാരം മാറ്റവും കിടക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കാ വെളിവില്ലാത്ത എനിക്ക് സ്വന്തം നിറഞ്ഞി ആചാരങ്ങളെ സംരക്ഷിക്കും ശബരിമലത്തിൽ കേറാൻ പോലെ നിങ്ങൾക്ക് അയ്യപ്പ എന്താ പരമചര്യമോ എന്ന് പറയും ശബരിമല ഇപ്പൊ പറയുന്നത് എന്താണോ ആചാരങ്ങളെല്ലാം മാറ്റി ഇതെവിടെയാണ് തകരാറ് എനിക്കാണ് കുഴപ്പമൊക്കെ നിങ്ങൾ പറഞ്ഞേരും ഞാനൊന്നും നന്നാവില്ല നിങ്ങൾക്കാണ് തകരാതെ കാര്യം എവിടെയാ ആചാരം സംരക്ഷിക്കുന്നു അത് ആചാരങ്ങളെ മാറ്റി എന്തായാലും തന്ത്രിമാരുമായി എന്താണ് നിങ്ങളുടെ പണി നോക്കിയാണെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും അവിടെ ഇവിടെപ്പെട്ടുകൊണ്ട് കേറുന്നു ഇതൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം അമ്പലങ്ങളുടെ കാര്യം ആരും തീരുമാനം ആചാരങ്ങളുടെ കാര്യം ആരും തീരുമാനവും ഇവിടെ പണ്ട് ആചാരങ്ങളുടെ കാര്യത്തിനൊക്കെ തീരുമാനമെടുക്കാൻ ഉള്ള ആധ്യാത്മിക നേതാക്കന്മാരുണ്ടായിരുന്നില്ല ആധ്യാത്മിക നേതാക്കന്മാരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് കേരളത്തിലെ ഒരുപാട് ദുരിതാചാര്യങ്ങള് മാറി നല്ല ആർജവുമുള്ള ഗുരുക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു അവര് മാറ്റി വിടുന്ന ഇന്നത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു ഒരു രാഷ്ട്രീയത്തിന്റെ പേരില് അതിൽ നിന്ന തകടം നേരെ തലകുത്തി മാറ്റി വെച്ച് ഞാൻ പറയും പറയാമോ അപ്പൊ അവര് ഉണ്ടാക്കി വെച്ച പഠിച്ചത്തെ ഇരട്ടിലാക്കി ആചാരത്തെ സംരക്ഷിക്കാൻ പോയി ഇപ്പൊ സംരക്ഷിക്കാൻ പോയിട്ടിപ്പോ ആചാരത്തെ തിരുത്താൻ പോയപ്പോ പരസ്യമായി തന്നെ അടിയും അവര് കൊണ്ടുവന്ന് വിളിച്ചത് വിശ്വസിച്ചു ആർക്കാ ബോധമുണ്ടാക്കുന്നത് നിങ്ങൾക്കാണോ എനിക്കാണോ പറയും അതൊക്കെയാണ് എനിക്ക് ഈ അടിസ്ഥാനപരമായി ഇവിടെ കിടക്കുന്ന മത്സരം തന്നെ ഉൾപ്പെടുത്തി മാറ്റം വന്നിട്ടുണ്ട് ചിലപ്പോ നമ്മള് ആചാരങ്ങളിൽ കയറി തോന്നും ചിലപ്പോരോഗം വേണമെന്ന് ആഗ്രഹിക്കും ആചാരങ്ങളെ മാറ്റണം എന്നാഗ്രഹിക്കും രണ്ടും കൂടെ വൈരുദ്ധ്യങ്ങളിൽ നിന്നാൻ പറ്റിയില്ല ഏതെങ്കിലും ഒന്നിനായിട്ടുണ്ടോ ആചാരങ്ങളെ മാറ്റി പുരോഗമനങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിക്കും ഉണ്ട് നടക്കണം ഞാനോദി എന്ന് പറയും നമ്മൾ ഒരേ അഭിപ്രായം പറയും അതെ നടക്കണമെന്ന എന്റെ അഭിപ്രായം സന്യാസമ്മേളനം പറഞ്ഞിട്ട് വൈദികം നിങ്ങൾക്ക് അതായത് ഞാൻ ചോദിച്ചു എനിക്കാണോ ബോധം ഉണ്ടാക്കുന്നത് കാണണം എനിക്ക് മനസ്സിലായി ബോധപ്പെടുന്നത് തന്നെയാണ് പരിവർത്തനം വേണമെങ്കിൽ പരിവർത്തനത്തിനെതിരെ നിൽക്കലേ നിന്നിട്ടില്ലേ ആ അതിന് എന്ത് പറഞ്ഞിട്ട് കാര്യ ആ അതിന് അങ്ങനെയാണെന്ന് നിങ്ങൾ വാദിക്കുന്നോണ്ടാണ് ഞാൻ അവിടെ ചട്ടപ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ കൊണ്ടുവന്നത് അവരെന്ത് പരിവർത്തനമാണ് കേരള സമൂഹത്തിൽ വരുത്തിയെന്നുള്ളത് നിങ്ങൾ കേരളത്തിന്റെ ഈ നൂറു വർഷത്തിനകമുള്ള ചരിത്രം പഠിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പുരോഗമനം എന്നുള്ളപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കുന്നില്ല ഇവർക്ക് എന്താ അത് മനസ്സിലാക്കാത്തടത്താണ് പ്രശ്നം അവർ കേരള സമൂഹത്തിന് വരുത്തിയ മാറ്റം വെറും നൂറ് വർഷത്തിൽ നിന്ന് കേരള സമൂഹം എന്തുമാത്രം കീഴിൽ ഉണ്ടതായിരുന്നു അന്ന് നിങ്ങളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവർക്കുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് തെരുവിലിറങ്ങി അപ്പൊ അവരും ഉണ്ടായിരിക്കാനേ പറ്റും അത് അതാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് അവരൊക്കെ ഇനി ജീവിച്ചിരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഇരുന്നൂറ് വർഷത്തെ കേരളത്തിന്റെ ചരിത്രം ഒന്ന് ഇത്രയും പ്രാകൃതമായിരുന്നു ജനത പൊതുപക്ഷേ വേറെ ഭാഗത്തുണ്ടായിരിക്കുന്നു അതായത് ഒരു പതിനഞ്ചാം നൂറ്റാണ്ടുകൾ ഇന്ത്യ സന്ദർശിച്ച വിദേശികളും വിദേശികളും മുഴുവൻ പറഞ്ഞ ഒരു കാര്യമാണ് അടിവരായിട്ട് പറഞ്ഞ കാര്യമാണ് അവര് നേരിട്ട് കണ്ട് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഒരാളല്ല ഒരു എട്ടുപേരുടെ പേര് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞാൽ ഇത്രയും പ്രാകൃതരായ ഒരു ജലം അത്രയ്ക്ക് പ്രാകൃതരായ ഒരു ജനമാണ് കേരളത്തിൽ ആ പ്രാകൃതമായ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ നൂറു വർഷം മുമ്പ് വരെയുണ്ടായിരുന്നു ഈ പ്രാകൃതം എന്ന് പറയുന്നത് എന്തായിരുന്നു അന്നത്തെ ജനങ്ങളുടെ ജീവിതവും ആചാരവും ശൈലിയും എല്ലാം അതിന് വളരെ പെട്ടെന്ന് വളരെ ശക്തമായൊരു പരിവർത്തനം കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെ സംഭവിച്ചു അപ്പൊ എന്താണ് പുരോഗമനം എന്നുള്ള അറിയാം നമ്മള് സൗകര്യം പോലെ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പുരോഗമനത്തെ വ്യാഖ്യാനിക്കാൻ പോയ ഇങ്ങനെയുള്ള ശക്തമായ അടിയളുകൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് മനസിലായിട്ട് ഞാൻ പറയുന്നത് മാറ്റെ ഞാനും പറയുന്നത് നമ്മളൊരഭിപ്രായം പറയുന്നു ഇതൊക്കെ മാറണമെന്നാണ് മാറണമെന്ന് എന്റെ അഭിപ്രായം നമ്മൾ തമ്മിലൊരഭിപ്രായം വ്യത്യാസമില്ല എല്ലാ അനാചാരങ്ങളും മാറണം കാല അതാണ് ഞാൻ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ കാര്യം പറഞ്ഞത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ നിന്നത് ഇവിടെ മാറിയത് വെറും നൂറ് വർഷം കൊണ്ട് പെട്ടെന്ന് മാറി അന്ന് ചരിത്രം അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് പതുക്കെ പതുക്കെയാണ് മാറിയത് അങ്ങനെയല്ല കേരളത്തിൽ മാറ്റം വന്നത് നൂറ് വർഷത്തിനാണ് പക്ഷേ നിന്നതിന് ഒരുപാട് കുഴപ്പമാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ക്രമേണ ക്രമേണ ആരും മാറ്റിയല്ല അതുമ്പോൾ ആരും ഇത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല മാറിയിട്ട് നൂറ് വർഷത്തിനകം വന്ന മാറ്റം എന്തെന്നറിയാമായി ആ അതിനൊപ്പൊന്നും നടന്നില്ല പെട്ടെന്നാണ് സംഭവിച്ചത് അല്ല ക്രമേണ ക്രമേണ അല്ല സംഭവിച്ചത് അതായത് നൂറ് വർഷം മുമ്പ് ഇവിടെ എന്താണ് സ്ത്രീകൾക്ക് ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന അവകാശം ഉണ്ടായിരുന്നില്ല അതിന് മാറ്റം വന്ന് നൂറ് വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കൂടെ ഒന്നും പറയേണ്ട കാര്യം ഈ പറയും നിങ്ങൾ മേൽവസ്ത്ര നിരോധനം എന്ന് പറയുന്നു ഈ മേൽവസ്രത്തിന് അവകാശം കിട്ടിയ നൂറ് വർഷമായിട്ടുള്ളൂ അത് പെട്ടെന്ന് സംഭവിച്ച അതുവരെ എത്രയോ നൂറ്റാണ്ടുകൾ ഈ സ്ത്രീകൾ മേൽവസ്ത്രം ഇല്ലാതെ ഏ അങ്ങനെ ഇതെ നമ്മൾ രണ്ടുപേരും പറയും സുപ്രഭാതത്തിലാണ് മാറ്റം വന്നതാണ് ഞാനും പറയും ക്രമേണ അല്ലെന്ന ഏത് പ്രയോജനമൊന്നുമില്ലല്ലോ വിദ്വേഷല്ല അതൊക്കെ ജനങ്ങൾ വിദ്വേഷം കൊണ്ടുനടക്കേണ്ട ചെയ്ത് അടിമത്വത്തെ വരദാനമായി അവര് സ്വീകരിച്ചത് ഇതൊക്കെ വിധിയാണ് ഞങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടവരാണ് ഇതൊക്കെ അന്ന് ഇതൊക്കെ സ്വീകരിക്കുന്നത് അവരെന്താണ് ആചാരത്തിന്റെ പേരിൽ ഞങ്ങൾ ഈ പറയുന്ന ആചാരത്തിന്റെ പേരിൽ വിധി എന്നുള്ളതെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാനോ അനുഭവിച്ചേ തീരൂ എന്നുള്ള രീതിയിൽ അവർ സ്വീകരിച്ചിരുന്നു വിദ്വേഷം എന്നുള്ളതും അവർക്ക് അറിയത്തില്ല അന്നത്തെ ഈ കഷ്ടപ്പാട് അനുഭവിച്ചവർക്ക് നമ്മൾ ഇന്നത് വിദ്വേഷത്തോടെ ഒന്നും എപ്പോഴാണ് അവരുടെ മനസ്സിൽ വിദ്വേഷങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇതൊക്കെ മാറുന്നു ശരിയല്ലെന്ന് തോന്നിയപ്പോ അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചത് അതൊന്നും ഒരുപാട് കാലവുമായിട്ടുണ്ട് അല്ലാതെ സുപ്രഭാതത്തിൽ ഒന്നാണോ അതായത് ഒരു ഒറ്റ ഉദാഹരണം തന്നെ ഇടുന്നതാണ് മിശ്രഭോജനം ഇതിപ്പോ ഇവിടെ എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇതുപോലെ ഒരുമിച്ചിരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആദ്യം ഇതിനുവേണ്ടി തയ്യാറെടുത്ത ഒരാളാണ് ആദ്യം കേരളത്തില് ആള് മരിച്ചത് അടുത്ത കാലത്താണോ തിരു കൊച്ചി മന്ത്രിയായിരുന്നു ആരാണോ ആരാണോ ഏഹ് ഇതാണ് നിങ്ങളുടെ ലോകവിവരം എന്നിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ആളുടെ പേരാണ് സഹോദരൻ അയ്യപ്പൻ വിശ്രവാദത്തിന് വേണ്ടിയിട്ട് ചിറായിയില് ഇത് കുറച്ചുപേരെ സംഘടിപ്പിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പുള്ളിയെ പിടിച്ചു കെട്ടിയിട്ട് തലയിൽ നേറും കൂട് തലയിൽ എന്തെയ്യൂടൊന്നില്ല അതൊക്കെ ഈ നൂറു വർഷത്തിനകത്തുന്ന സംഭവമാണ് അതിനു ചഴിഞ്ഞോളം മറ്റൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മനസ്സിലായി അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ വാദിക്കാൻ വന്നു ആര് ചെയ്തു എങ്ങനെയാ ഈ മാറ്റം ആരും ഇവിടെ ആരും ഒരുമിച്ച് വർഷം കഴിച്ചിട്ടുണ്ടോ എത്ര പേര് കഴിച്ചു എവിടെ കഴിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ സമരം ചെയ്തുണ്ടാക്കിയെടുത്താണ് പൊതു നിരത്തിൽ നടക്കാൻ വേണ്ടി സമരം ചെയ്തിട്ട് സമ്മേളനം നടത്തിയത് എത്ര കാലമായി അറിയാമോ കൊച്ചിയില് നഗരത്തിന് പൊലേർ പണി നടക്കാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോഴാണ് കായന്റെ സമ്മേളനം നടത്തിയത് വള്ളങ്ങൾ കൂടിക്കട്ടിട്ട് ഇതിനെ കുറിച്ച് ഒന്നും നമുക്ക് അറിയത്തില്ല ആരാ അത് ചെയ്തത് ഏ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ നടന്നിട്ടുണ്ട് അതൊക്കെ അവര് ഒരുപാട് പരിശ്രമിച്ചതിനൊക്കെ സംഭവിച്ചത് എന്നിട്ട് പണ്ടെല്ലാം ഇപ്പോഴാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ ശരിയാവും ഇനിയും പുരോഗമിക്കാനുള്ളത് എന്താ കാര്യങ്ങൾ അത് ആണ് ഇതുവരെ കണ്ടസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടും രാഷ്ട്രീയത്തിൽ പറയുന്നത് ചെയ്യാം അതല്ല ഇത് ചരിത്രമല്ല ചരിത്രം എന്ന് പറയുന്ന വേറെ അതവിടെ എഴുതിട്ടെ വളം തുടരുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റണമെന്നുള്ള എന്താണ് ഓരോ അഭിപ്രായത്തിലിരിക്കണം ഉറച്ചിരിക്കണം അവിടെ ചിലത് മാറ്റുമ്പോൾ നമ്മളെ രാഷ്ട്രീയവും ചിലത് മാറ്റങ്ങളും വേറെ ഒന്നും അങ്ങനെ നോക്കരുത് അതിതൊക്കെ നടത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അന്ന് ഈ രാഷ്ട്രീയങ്ങളൊന്നും ഇല്ലേ ഈ രാഷ്ട്രീയം കൊണ്ട് ആരും നടക്കത്തില്ലേ അതുകൊണ്ടാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് ഈ മാറ്റത്തെ ചെറുക്കുന്നത് രാഷ്ട്രീയ ശക്തിയായി ചേർക്കുന്നു അപ്പം മാറ്റങ്ങൾ വരാൻ വളരെ പ്രയാസമാണ് പ്രചരിന്താണ് പല ധർമ്മം ക്ഷത്രിയം സ്വീകരിക്കാൻ പാടില്ല വ്യക്തമായി പറയുന്നത് കാരണം അത് ക്ഷത്രിയുള്ളതല്ല ബ്രാഹ്മണന്റെ ധർമ്മമാണ് ഭിക്ഷാചര്യെന്ന് വെച്ച സന്യാസി അതുകൊണ്ടൊക്കെ ചെയ്യരുത് എന്നാണ് പറയുന്നത് അപ്പൊ അർജുനം പറയുന്ന അങ്ങനെയല്ല ഗുരുക്കന്മാരെ കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ അതിനെക്കാളും കണ്ടത് ഭിക്ഷാചരണമാണെന്നാണ് ഗുരുപത പാരലോകിക ദുഃഖ സ്ഥലമാക്കുക അർജുനന്റെ പക്ഷോ അർജുനം പറയുന്ന ഈ മഹാപ്രഭാവന്മാരായ ഗുരുക്കന്മാരെ എല്ലാം കൊന്നുകഴിഞ്ഞാൽ കിട്ടുന്ന പാരലോകിക ദുഃഖമാണ് നരകമാണ് അത് ഈ യുദ്ധത്തെ എതിർക്കുന്നയാളുടെ കാഴ്ചപ്പാടാണ് ദുഃഖത്തെ അനുകൂലിക്കുന്ന ആളെന്താണോ പറയുന്നത് ഇവരെല്ലാം കൊന്നുകഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പരമനിശ്രേസം എന്നാണ് രണ്ടും കൂടെ വളരെ വ്യക്തമായി പറയാണ് ഈ ഗുരുക്കന്മാരെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പരമ നിശ്രേയസം എന്ന് പറയുന്നതാണ് ഗീതയുടെ താല്പര്യം ഇവിടെ ആചാര്യന്മാരെല്ലാവരും വ്യക്തപ്പെട്ടിരുന്നു പക്ഷെ അർജുനൻ പറയുന്ന എന്താണോ ഭാവന്മാരായിരിക്കുന്ന വൃത്തന്മാരും ഒന്നുകഴിഞ്ഞാൽ കിട്ടുന്നത് നരനോ ഇതാണ് അർജുനന്റെ അവസ്ഥ അഹിംസയുടെ പക്ഷത്തേക്കും എനിടയ്ക്ക് ഭഗവാനെ കൊണ്ടുവരുന്നത് ഹിംസ അനുകൂലിക്കുന്നവര് ഹിംസയുടെ പക്ഷത്തു ഭഗവാൻ എന്തുകൊണ്ടു പോകുന്നവരെന്ന് പറയുന്നത് കാരണം ഭഗവാൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാൻ പ്രത്യേകിച്ച് അർജുന ദൃഷ്ടം രാമയൻ സർവഭൂതും ഭഗവാൻ അപ്പോ ആ ഭഗവാന് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിനും മനുഷ്യന്റെ വിശ്വാസത്തിനും ഇരിക്കുന്ന ആ ഭഗവാന് പല പേരിൽ വിളിക്കും ശിവനെന്നോ കൃഷ്ണനെന്നോ രാമനെന്നോ ദേവിയെന്നോ ദേവനെന്നോ ഏത് പേരിൽ വിളിക്കാം അപ്പോ ആ ഭഗവാന്റെ നേരിൽ ഹിംസ ആരോപിക്കുക എന്ന് പറയുന്നത് ആരുടെ പ്രവൃത്തിയാണെന്ന് ഈ പൊസ്തഴിഞ്ഞ ആളുടെ ഇത് വ്യത്യസ്തമായി തന്നെയാണ് പസ്തകഴിഞ്ഞ ആളാണ് ബാക്കി ഹിംസാവാദത്തെ ഇവിടെ കൊണ്ടുവരുന്നത് അത് ഈശ്വരനല്ല ഈശ്വരൻ മനുഷ്യന്റെ വെറുതെ എത്തിയിരിക്കുന്നതാണ് ഈശ്വരൻ അങ്ങനെ ഹിംസാവാദിയാകാൻ പറ്റും കാരണം ഈശ്വരനെ കുറിച്ച് പറയുന്നതെന്നാണ് പരമകാർമ്മികൻ അപ്പൊ പരമകാർമ്മികനായ ഈശ്വരൻ അതിങ്ങനെ ഹിംസാവാദിയാകാൻ പറ്റുന്നു പരമകാർമ്മികനായ ഈശ്വരൻ അഹിംസാവാദിയാകട്ടെ അപ്പൊ അത് ഗ്രന്ഥകാരന്റെ അഭിപ്രായമാണ് ഹിംസ എന്ന് പറയുന്നത് പക്ഷെ ഗ്രന്ഥകാരന്റെ അഭിപ്രായം അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നു ഈശ്വരനോട് അതിനെ അവതരിപ്പിക്കുന്നതിനാണ് ചാദർ പറഞ്ഞോ എന്ന് പറയുന്നത് അതിലാണ്ട് നമ്മളുടെ വ്യത്യാസം അപ്പൊ ശരിയായ വിശ്വാസവും നീം പറയുന്ന ഹിംസയാണെന്ന് ചാദർ പറഞ്ഞത് അത് മനുഷ്യന്റെ ആന്തരികമായ കാര്യമാണ് ആ ഈശ്വരനെന്ത് പേരിട്ട് വിളിച്ചാൽ അത് തികച്ചും മനുഷ്യന്റെ വ്യക്തിപരമായ ആന്തരികമായ കാര്യമാണ് ആ ഈശ്വരനെ ദുരുപയോഗം ചെയ്യുന്നിടത്താണ് അവിടെ ഈശ്വരനിലൂടെ ഹിംസയെ പ്രചരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ അത് തമ്മിലുള്ള മത്സരമാണ് ഇവിടെ ഈ ഒന്നാം വ്യക്തമായി വരുന്ന ഹിംസയും ആയിച്ചയും തമ്മിൽ അത് നമ്മളായിരുന്ന പക്ഷത്തേക്കും എന്നുള്ളതാണ് ഈ ഗ്രന്ഥകാരന്റെ പക്ഷത്താണെന്ന് നമ്മൾ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ അഹിംസയുടെ പക്ഷത്തേക്ക് അല്ല ഈശ്വരന്റെ പക്ഷത്താണ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അഹിംസയുടെ പക്ഷത്തെക്കേണ്ടി ഇതാണ് എന്റെ ചിത്രം